നിങ്ങൾ അള്ളാഹുസുബാനഹു വറ്റായാലയിലും അവൻറെ ദൂതനിലും വിശ്വസിക്കുക അവൻ നിങ്ങളെ പ്രതിനിധികളാക്കി നിശ്ചയിച്ചതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക നിങ്ങളിൽ വിശ്വസിക്കുകയും ചെലവഴിക്കുകയും ചെയ്തവർക്ക് വലിയ പ്രതിഫലമുണ്ട്